ധ്യായം മൂന്ന് രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാനെന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു ഞാനവനെ അന്വേഷിച്ചു കണ്ടില്ലാത്താനും ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാനവനെ അന്വേഷിച്ചു കണ്ടില്ലാത്താനും നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു എന്റെ പ്രാണപ്രിയനെ കണ്ടുവോയെന്ന് ഞാനവരോട് ചോദിച്ചു അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു ഞാനവനെ പിടിച്ചു എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല എരിശലേം പുത്രിമാരെ ചെറുമാനുകളാണ് പേടമാനുകളാണ് പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത് ഉണർത്തുകയുമരുത് മൂറും കുന്തിരിക്കവും കൊണ്ടും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി ആർ ശലോമോന്റെ പല്ലക്കുതന്നെ ഇസ്രയേൽ വീരന്മാർ ീരന്മാർ അതിന്റെ ചുറ്റും ഉണ്ട് അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു ഷലോമോൻ രാജാവ് ലബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി അതിന്റെ മേക്കെട്ടിക്കാൽ അവൻ വെള്ളികൊണ്ടും ചാറ് പൊഞ്ഞുകൊണ്ടും ഇരിപ്പിടം രക്താമ്പരം കൊണ്ടും ഉണ്ടാക്കി അതിന്റെ അന്തർഭാഗം എരിശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരിക്കുന്നു സിയോൻ പുത്രിമാരെ നിങ്ങൾ പുറപ്പെട്ടുചെന്ന് ശലോമോൻ രാജാവിനെ അവന്റെ കല്യാണ ദിവസത്തിൽ അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാൺമീൻ